നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അനുഭവമായിട്ട് പ്രാർത്ഥനയെ നമ്മൾ നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ പ്രാർത്ഥന ഉള്ളിൽ അത് സജീവമായിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ കേട്ടു കൃത്യ നമ്മളെ പലപ്പോഴും ഒരു ദൈവത്തിൻ്റെ ആലയമായിട്ട് നമ്മളെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം എന്നും ആത്മാവ് നിങ്ങളിൽ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങളറിയുന്നില്ലയോ എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കും നമ്മളെ ദൈവത്തിൻ്റെ ആലയമായിട്ട് നമ്മളെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ അല്ലെങ്കിൽ അതിനോട് വളരെ ചേർന്ന് ഒരു ആലയത്തിലെ ഉപകരണമാണ് ധൂപപീഠം എന്ന് നമ്മൾ കാണും വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കമുണ്ട് കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട് ധൂപപീഠമൊക്കെ ഉണ്ട് അതിലെ ധൂപപീഠം അവിടെ ഈ നമ്മൾ കേട്ടതുപോലെ പല സുഗന്ധവർഗ്ഗങ്ങളും ഇട്ട് അവിടെ നിരന്തരമായിട്ടവിടെ ധൂപം ഉയർന്നുകൊണ്ടിരിക്കുന്നൊരനുഭവമാണ് ദൈവാലയത്തിലൂടെ അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ പ്രാർത്ഥന സജീവമായി നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളായിട്ടാണെങ്കിലും അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മളെയും ദൈവത്തെയും തമ്മിൽ എപ്പോഴും ബന്ധിപ്പിക്കുന്ന കാര്യം നമ്മൾ ശിക്ഷ പ്രവചനത്തിൽ വായിക്കുന്നു രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് അവിടുത്തെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മണ്ണമായിട്ടില്ല എങ്കിലും നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളാണ് പാപങ്ങളാണ് എന്നൊക്കെയും പ്രവാചകൻ ഓർപ്പിക്കുന്നു അപ്പോൾ അതിനെ നിരന്തരമായിട്ട് കണ്ടുപിടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തോടുള്ള ബന്ധം സ്ഥിരമായിട്ട് കൊണ്ടുപോവാൻ നമ്മൾ എപ്പോഴും ഉത്സാഹിക്കുകയും നമ്മൾ പലപ്പോഴും നമ്മുടെ ധൃതിയും ബത്തപ്പാടും സ്പീഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ബ്രേക്ക് വരുന്ന പഴയ കാലത്തൊക്കെ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വരും ചിലപ്പം നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് ചിലപ്പം നമ്മളെ ഓർപ്പിക്കും അതുപോലെ സാത്താൻ ചിലപ്പം മറ്റ് ഭൗതിക കാര്യങ്ങൾ താക്കോല് കാണാതെ പോയ കാര്യവും കോഴിക്കോട് അടയ്ക്കാൻ മറന്നുപോയ കാര്യമൊക്കെ നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ പ്രാർത്ഥനയെ മുറിക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വളരെ സാത്താൻ വളരെ എളുപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ വ്യതിയലിപ്പിക്കാൻ അതെ വേറൊരു ധരിപ്പിക്കാനൊക്കെ വളരെ ഉപകരിക്കാൻ വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അതിനെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആണെങ്കിൽ അതിന് പിന്നീട് അയവ് വരുമ്പോൾ എപ്പോഴും നമുക്ക് ആ പ്രാർത്ഥനയുടെ ബന്ധത്തെ മുറിക്കാൻ അവൻ വളരെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് ഇത് തീർന്നിരിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിലും എൻ്റെ ജാഗ്രത കുറഞ്ഞു പോയോ എന്ന് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാനത് ജീവിതത്തെ ആ നിലയിൽ ക്രമപ്പെടുത്താനായിട്ട് പിന്നെ ഏൽപ്പിക്കുന്നു ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഈ ധൂപ പീഠം എന്ന് പറയുന്ന ഒരു പീഠം പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിൽ മേലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ നമ്മൾ അപ്പസ്വല പ്രവർത്തി പത്താം അധ്യായത്തിലെ ഒരു കൊർണൽ യൂസിനെക്കുറിച്ച് നമ്മൾ വായിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തെ ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമാണ് അദ്ദേഹത്തിൻ്റെ യേശുവിനെ അറിയത്തില്ല ദൈവത്തിൻ്റെ രക്ഷാ വഴിയൊന്നും അറിയത്തില്ലെന്ന് തന്നെ ദൈവവചനം പറയുമ്പം തന്നെ അദ്ദേഹത്തിന് രണ്ട് കാര്യമുണ്ടായിരുന്നു അദ്ദേഹം ദൈവം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു രണ്ട് അദ്ദേഹത്തെ ദൈവത്തെ ഭയപ്പെടുന്ന ആളായിരുന്നു ഈയൊരടിസ്ഥാനത്തിൽ അദ്ദേഹം നിന്നു അദ്ദേഹം നിരന്തരം ആ ദൈവഭയത്തിൽ തന്നെ തന്നെ സൂക്ഷിച്ചപ്പോൾ തന്നെ ദൈവം യഥാർത്ഥ വഴി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി യോപ്പയിലേക്ക് ആളെ അയച്ചു വരുത്തി പത്രോസിനെ അവിടെ കൊണ്ടുവന്ന് ഈ യഥാർത്ഥ രക്ഷയുടെ വഴി അദ്ദേഹത്തെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ അപ്പസ്വല പ്രവർത്തികൾ പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കും അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കയുടെ ഫലം അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായൊരു പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കാര്യവുമായിട്ട് രണ്ടുപേരെ യോ പയിലേക്ക് ആളെ അയക്കുമ്പോൾ പത്രോസ് അവിടെ വൺമാടത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുക അപ്പോഴാണ് രണ്ടുപേരും വന്നത് അപ്പം പത്രോസിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി എന്താണ് ദൈവത്തിൻ്റെ പരിപാടി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പ്രാർത്ഥനയിൽ ഇടപെടാതെ ഇരിക്കുമ്പോൾ ആണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ദൈവത്തിന് ചെയ്യിക്കാൻ കഴിയുന്നത് എന്നുള്ളതായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് പൗലോസിൻ്റെ അനുഭവം നമ്മൾ വായിക്കുമ്പോഴും പൗലോസ് കണ്ണ് കാണാതെ അല്ലെങ്കിൽ ദമെസ്കോസിൻ്റെ പടിവാദികൾ വെച്ച് തനിക്ക് ദൈവികമായ ആ ഇടപെടലുണ്ടായി തൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി താനവിടെ നേർവീതി എന്ന തെരുവിൽ യൂതയുടെ ഭവനത്തിൽ താനിങ്ങനെ വിശ്രമിച്ച് അല്ലെങ്കിൽ തനിക്കൊന്നും വയ്യാത്ത വിധത്തിൽ കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു അനന്യാസിനെ അയക്കാൻ ദൈവം അനന്യാസിനോട് സംസാരിക്കുമ്പോൾ ശൗലവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവീക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മളൊരു നിരന്തരം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം അതുപോലെ നമ്മളെപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു യാചനയായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു നിലവിളിയോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളതിനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഓരോരുത്തരും വിവിധമായ അനുഭവങ്ങളിലോടാണ് ഞാൻ കടന്നു അനുഭവം വ്യത്യസ്തമായിരിക്കും എങ്കിലും നമുക്ക് ഓരോരുത്തരും ഓരോ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ ഓരോ പ്ര ദുർഘടങ്ങളെയും നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആ നിലവിളി ആ വിഷയങ്ങളെ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ കാര്യത്തിന് നമ്മുടെ പ്രയോറിറ്റി ആദ്യം നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ അതിന് നമ്മൾ കൊടുത്ത് ആ നിരന്തര പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന നമ്മൾ ദൈവം സംസാരിച്ച വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പല യുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരുന്നു അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മളെ വഴി നടത്തുവാനും അവൻ വിശ്വസ്തനാണ് അവൻ നീതിമാനാണ് ആ ദൈവത്തിൽ നമുക്ക് പിന്നെ ആശ്രയിച്ച് ഈ കൊർണലോസിൻ്റെ അനുഭവം പോലെ നമ്മൾക്ക് വിശ്വാസവും ദൈവഭയവുമുള്ളവരായിട്ട് നമ്മൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഈ ആത്മാവിലായിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ